ണാമം ശ്രീരാമൻ ജീവൻ ബ്രഹ്മമാണ് ജലശരീരമല്ല എന്ന് വളരെ വിശദമായി ലക്ഷ്മണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ദേഹം ആണ് ഞാൻ എന്ന് കരുതുന്നതാണ് സകല മായാമോഹങ്ങൾക്കും കാരണം ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും അപ്പോൾ അവിദ്യ ദേഹം ഞാൻ ആണ് എന്ന ബുദ്ധിയാണ് അപ്പം എന്താ വിദ്യ ഞാൻ ദേഹമല്ല ഈ ജഗത്ത് ജഡമല്ല ഈ ജഗത്തും ഞാനും ഒക്കെ ഒരേ ഒരു ആനന്ദസ്വരൂപമായ ബോധമാണ് ബ്രഹ്മമാണ് അത് മാത്രമേ ഇവിടെ ഈ ബുദ്ധിയാണ് വിദ്യ ഒടുവിൽ ശ്രീരാമൻ പറയുന്നു ദേഹമല്ലോർക്കിൽ ഞാൻ ഞാനായതാത്മാവെന്നും മോഹൈകഹന്തിരിയായുള്ളത് വിദ്യകൾ അതാണ് വിദ്യ സംസാരകാരിണിയായത് അവിദ്യയും ഈ സംസാരദുഃഖം മുഴുവൻ ഉണ്ടാക്കുന്നത് വ്യക്തിക്കായാലും ശരി സമൂഹത്തിനായാലും ശരി രാഷ്ട്രങ്ങൾക്കായാലും ശരി ജഡം സത്യമാണ് എന്ന് തോന്നല അതിൻ്റെ പേരിലാണ് എല്ലാ രാഗദ്വേഷങ്ങളും യുദ്ധകോലാഹലങ്ങളും ഇന്നും നാം കാണുന്നത് അതുകൊണ്ട് സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായത് ദുഃഖവും വിദ്യയും സംസാരനാശിനി എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ദുഃഖത്തെ നശിപ്പിക്കുന്നത് വിദ്യ ദുഃഖത്തെ വളർത്തിയാൽ സംസാരം ദുഃഖത്തെ നശിപ്പിച്ചാൽ ആത്മാനുഭവം ബ്രഹ്മാനുഭവം ആകെയാവിൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും ഈ അഭിപ്രായമുണ്ട് അംഗീകരിക്കാമെങ്കിൽ വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒക്കെ കൂടുതൽ കൂടുതൽ സുഖമനുഭവിക്കും നേരെ മറിച്ച് അഭിപ്രായം തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും കാര്യമായ സുഖം കിട്ടില്ല ആകയാൽ മോക്ഷാർത്ഥിയാകൽ മോക്ഷം എന്നുള്ളതിനെ തെറ്റിദ്ധരിക്കരുത് മോക്ഷം എവിടെയായാലും സകല ജീവികളും സദായത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് മോക്ഷത്തിലാണ് പക്ഷെ കിട്ടുന്നില്ല അത് എങ്ങനെ നേടണം എന്ന് അറിവില്ലാത്തതുകൊണ്ട് മോക്ഷം കിട്ടുന്നില്ല എങ്ങനെയാണ് മോക്ഷം നേടുക നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം ബുദ്ധിക്ക് നല്ലവണ്ണം ഉറപ്പായി കിട്ടുക അവിടെ മാത്രമേ അഥവാ ദുഃഖമോചനം സാധ്യമാവും ആ ശാസ്ത്രീയമായ സത്യം കണ്ടെത്തിയിട്ടുണ്ട് അനാധികാരം മുതൽ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉപനിഷത്തുക്കൾ പ്രപഞ്ചസൃഷ്ടിയോടൊപ്പം തന്നെ വേദവും വേദാന്തവും വെളിപ്പെടുത്തപ്പെട്ടു എന്നാണ് സിദ്ധാന്തം പ്രപഞ്ചം സൃഷ്ടിച്ചതോടൊപ്പം സത്യം എന്താണ് എന്നും വെളിപ്പെടുത്തി ഭാഗവതമൊക്കെ മംഗളശ്ലോകത്തിൽ തന്നെ അത് വിവരിക്കുന്നു ജന്മാദ്യസയത്തോ എന്ന മംഗളശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഭഗവാൻ തന്നെ സത്യവും വെളിപ്പെടുത്തി ഭഗവാൻ അങ്ങനെ സത്യമൊക്കെ വെളിപ്പെടുത്താൻ പറ്റുകയാണ് അനന്തകോടി ഇടത്വം നല്ല ഉളവാക്കാൻ ഭഗവാന് പറ്റുമെങ്കിൽ ഭഗവാൻ സത്യത്തെയും അതേ രീതിയിൽ വെളിപ്പെടുത്തി തൻ്റെ മായയെ ആശ്രയിച്ച് തന്നെ അത് ഉപനിഷത്തുക്കളും ഏത് കാലത്ത് രചിക്കപ്പെട്ടുവെന്നോ ആര് ഇന്നും ആർക്കും അറിവില്ല അതുകൊണ്ട് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ ദുഃഖം കുറയണമോ ഒരൊറ്റ മാർഗം മോക്ഷം എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പരലോകത്ത് പോയി എന്തൊക്കെയോ അനുഭവിക്കുന്നതാണ് അങ്ങം തെറ്റാണ് ഇഹൈവചേത് അവേ അഥ സത്യമസ് ഇവിടെ വെച്ചറിയുമോ സത്യമുള്ളത് ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നിന്ന് പോയിട്ട് ഇനി ഒന്നും അറിയാനല്ല ഒരു ദുഃഖമോചനവും കിട്ടാനുമില്ല ഇവിടെ നിന്ന് ഇവിടെ പോകാൻ ഒരിടത്തും പോകാനുമില്ല പോകലൊക്കെ ഭ്രമം സ്വർഗവും നരകവും ഒക്കെ മനസ്സിൻ്റെ വെറും ഭ്രമം അതൊക്കെ ഇവിടെ ഉണ്ട് ഈ ഭൂമിയിൽ ഈ ഗന്ധർവനഗരത്തിൽ ഇന്നലെ രാമൻ പറഞ്ഞതുപോലുള്ള ഗന്ധർവ നഗരത്തിൽ എല്ലാം ഉണ്ട് ഇവിടെ സ്വർഗവും നരകവുമെല്ലാം യാൽ മോക്ഷാർത്ഥിയാകിൽ ദുഃഖം കുറയണമോ വിദ്യാഭ്യാസം ഏകാന്ത ചൈതസാ ചെയ്യുക വേണ്ടുന്നതും നല്ല ഓർമ്മിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസം എന്നറിയുന്നത് പോലുള്ള ഭൗതിക ശാസ്ത്രവും ഭൗതികവിജ്ഞാനവും അല്ല അത് വിദ്യാഭ്യാസം തന്നെ പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നിശ്ചയമായിട്ടും വേണം ഭൗതിക വിദ്യാഭ്യാസവും അറിവുമൊക്കെ അത്യാവശ്യം പക്ഷേ അതിനോടുകൂടി നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ അറിയപ്പെട്ട പൊരുൾ കൂടെ കൂട്ടിച്ചേർക്കണം വാസ്തവത്തിൽ അതുകൂടെ കൂട്ടിച്ചേർത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചന്ദ്രനിൽ പോക്കും സൂര്യനിൽ പോക്കും ഒക്കെ സഫലമായേ ഇന്ന് അതിനൊന്നും കാര്യമായ ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവും എന്താ ചന്ദ്രനിപ്പോ പോയിട്ട് എന്താ പ്രയോജനം അതൊന്നും പോണ്ടെന്ന് വേദാന്തത്തിന് ഒരിക്കലും അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടാൽ നടക്കുകയുമില്ല നിങ്ങൾ ഇതൂടെ കൂട്ടിച്ചേർക്കൂ സത്യം അഖനുണ്ട ബോധരൂപമായ ബ്രഹ്മം മാത്രമാണ് സത്യം ബ്രഹ്മസത്യം ജഗം മിഥ്യ ജീവോ ബ്രഹ്മയവ ഈ മൂന്ന് സിദ്ധാന്തങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് രാഭകർ വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് മറ്റെന്തും പഠിക്കുക ഏത് കർമ്മത്തിലും ഏർപ്പെടുക ഒരു ദോഷവുമില്ല ദുഃഖം മാറിക്കിട്ടും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ആവുമ്പോൾ ദുഃഖം മിക്കവാറും ഇല്ലാത്ത അവസ്ഥ വന്നു ചേരും ജീവൻ മുക്തി വന്നു ചേരും അതുകൊണ്ടാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷ്മണ ആകയാൽ മോക്ഷാർത്ഥിയായാൽ ആ രണ്ടു വരി അണ്ടർലൈൻ ചെയ്ത് പരമാവധി നമുക്ക് പറ്റുന്നിടത്തോളം നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലുമൊക്കെ നടപ്പാക്കാൻ നോക്കുക മോക്ഷാർത്ഥിയായി വിദ്യാഭ്യാസം ആത്മവിദ്യാഭ്യാസം തത്വബോധം പരമസത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് വിദ്യാഭ്യാസം ഏകാന്തചേതസ്സ എന്താ ഏകാന്തചേതസ് ൊരു നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ പൊരുൾ ഞാൻ വ്യക്തമായി അറിഞ്ഞനുഭവിക്കും എന്ന ഉറപ്പായ ലക്ഷ്യ മറ്റെന്തും വലട്ടെ പോട്ടെ അതൊക്കെ ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ് ഈ ശാസ്ത്രീയമായ സത്യം അറിഞ്ഞ് അനുഭവിക്കുക അത് ഞാൻ അനുഭവിക്കും നിശ്ചയമായും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതാണ് എഴുത്തച്ഛൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതായിരുന്നേ പ്രധാന ലക്ഷ്യം പല സ്ഥലത്തും അദ്ദേഹം അത് വ്യക്തമാക്കുന്നു ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ടുവരൻ ഏകാന്തം എന്ന വഴി പോകുന്നിതൻ മനവും ഒക്കെയല്ലേ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് അതുകൊണ്ട് ഏകാന്ത ചേതസ്സ ക്ഷ്യത്തിൽ ഉറപ്പുള്ള മനസ്സോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം ഈ ആത്മതത്വം അന്വേഷിച്ചറിയണം ആത്മാവ് ശ്രോതവ്യോ മന്ദവ്യയോ നിധിധ്യാസിതവ്യാജ്ഞൽക്കൻ മൈത്രേയോട് പറയുന്നതാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ മൈത്രേയി ആത്മാവിനെക്കുറിച്ച് കേൾക്കണം അറിയാവുന്ന ആളുകളിൽ നിന്ന് കേൾക്കണം എന്നിട്ട് ചിന്തിക്കണം വെറുതെ കണ്ണുമടച്ചൊന്നും വിശ്വസിക്കില്ല ഈ പറയുന്നത് യുക്തിയുക്തമാണോ ചിന്തിക്കും തോറും ഇത് ഉറച്ചു കിട്ടും ചിന്തിക്കണം നിധിധ്യാസിത്വ അത് ഏകാന്തമായിട്ട് എവിടെയും ആത്മതത്വം തന്നെ ദർശിച്ച് ആനന്ദിക്കാൻ പഠിക്കണം ഏകാന്ത ചെയ്ത് സാ ചെയ്യുക അല്ല അതിനിപ്പോ എന്താ ഇത്ര തടസ്സം തടസ്സം മറ്റൊന്നുമല്ല തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു അറിയ നീ ഇതൊന്നും ഇനി ഞാൻ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ല ഗീതയിൽ കൃഷ്ണനും ഒക്കെ ഇത് തന്നെ ആണ് പറയുന്നത് കാമയേഷക്രോധയേഷ രജോ ഗുണസമത്ഭവ മഹാശനോ മഹാപാപ്മാ വിധേന വിഹ വൈരിണം ഗീത കൃഷ്ണ അർജുനനോട് പറയുന്നു അർജുനാണ് നിൻ്റെ ശത്രുക്കൾ ഭീഷ്മരോ ദ്രോണരോ ആരുമല്ല രജോ ഗുണപ്രധാനമായ കാമവും ക്രോധവും രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും കുറച്ചുകൂടെ കട്ടി കൂടിയ രണ്ട് ദശകൾ അതുതന്നെയാണ് കാമവും ക്രോധവും ഇതാണ് നിൻ്റെ ശത്രുക്കളും കാമയേഷ രജോ ഗുണസമത്ഭവ എത്ര അനുഭവിച്ചാലും മതിയാവില്ല മഹാശനോ മഹാപാത്മ അതാ കാര്യം കാമം വേണ്ടെന്നോ അതിനെ കുറച്ച് സത്യഗുണപ്രധാനമായ കാമവും കോപവും അംഗീകരിക്കും സാരമില്ല അവിടെ കാമമുണ്ട് ഒരിക്കലും മോഹമില്ല അനുഭവിക്കുംതോറും തൃപ്തി വരും പരമസത്യത്തെ മുൻനിർത്തി കാമക്രോധങ്ങളെ അംഗീകരിച്ചാൽ അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും കാമക്രോധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും നേരെ മറിച്ച് രജോ ഗുണപ്രധാനങ്ങളായ കാമവും ക്രോധവും കാമയേഷക്രോധയേഷ രജഗുളസമുദ്ഭവ മഹാശനോ മഹാപാപ സാമ്രാജ്യങ്ങൾ കീഴടക്കിയാൽ പോരാ പോരാ പോരാ മഹാപാപ അങ്ങനെ വരുമ്പോഴോ എന്ത് പാപം ചെയ്തും കാമം നേടാനുള്ള വെമ്പത് അതല്ലേ ഇന്ന് എവിടെയും കാണുന്നത് മഹാശനൻ എത്ര അനുഭവിച്ചാലും പോരാ അനുഭവിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നെയ്യൊഴിച്ച് തീ കെടുക്കുമ്പോഴാണ് നെയ്യൊഴിച്ച് പെട്ടെന്ന് അണഞ്ഞെന്ന് തോന്നും പക്ഷേ ആളിക്കത്തും അല്പം കഴിയുമ്പോൾ അതുപോലെ തത്വചിന്തയില്ലാത്ത കാമ അനുഭവിക്കും തോറും ശക്തി കൂടും വേണം വേണം പോരാ പോരാ അതാണ് വാസന ദൃഢമാകുന്നു മരിക്കാൻ കിടക്കുമ്പോഴോ ശരീരത്തിനൊന്നും ഒരു കഴിവുമില്ല പക്ഷേ കാമവും ക്രോധവും പണ്ടത്തേതിനേക്കാൾ പതിൽ മടങ്ങ് ഇതാണ് ഓർമ്മിക്കേണ്ട കാര്യം കാമയേഷ ക്രോധയേഷ രജോഗുണസമത്ഭമഹ മഹാശനോ മഹാപാപ വിധ്യേനമിഹ വൈരിണം അർജുന നിന്റെ ശത്രുക്കൾ ഇവര് രണ്ടു പേരുമാണ് അല്ല ഭീഷ്മരദ്രൗണ്ടല്ല പതിനാറാം അധ്യായത്തിൽ ഭഗവാൻ വീണ്ടും പറയുന്നു ഗീതയിൽ ത്രിവിധം നരകശേതം ദ്വാരം നാശനമാത്മന കാമക്രോധോഭ തസ്മാത് ഏതത്രയും ത്യജെ അർജുന നരകത്തിൻ്റെ മൂന്ന് വാതിലുകളാണ് എന്താ ഇത്രയും കേട്ടാലും നമ്മൾ പിന്നെയും ആ വാതിലുകളിൽ തന്നെ ശക്തിയായിട്ട് ചെന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്നാൽ നമുക്ക് ബ്രഹ്മാനുഭവം ഇല്ല എന്ന് പരാതിയും എങ്ങനെയാണ് സാധിക്കുന്നത് ത്രിവിധം നരകശേതൻ ദ്വാരം നാശനാത്മന ആത്മാവിന് പൂർണമായും മൂടി മറച്ചുകളയും ഈ മൂന്ന് നരകത്തിൻ്റെ വാതിലുകൾ കാമഹ ക്രോധ ലോഭ ലോഭം എന്ത് കിട്ടിയാലും പോരാ എന്ന വിചാരം കിട്ടിയതൊന്നും മറ്റുള്ളവരുമായി പങ്കിടാനുള്ള തയ്യാറില്ലായ്മ ഇത് രണ്ടുമാണ് ലോഭം ഏതൊരു വിമുക്തകുദ്ധേയ തമോദ്വാരൈ സ്ത്രീപ്പെടുന്ന ആചരത്യാത്മനശ്രേയ തഥോയാതി പരാഗത്തി അർജുന ഈ മൂന്ന് ശത്രുക്കളെയും നിനക്ക് കുറേശ ജയിക്കാൻ പറ്റുമോ രക്ഷ ഏത് ജീവിയും ഈ മൂന്ന് കാര്യങ്ങളും കാമം ക്രോധം ലോഭം കുറേശയെങ്കിലും ജയിക്കുമോ നിശ്ചയമായും ആചരത്തി ആത്മനശ്രേയ ആത്മാവിൻ്റെ ശ്രേയസ് അതിനു വേണ്ടിയായാൽ ശ്രമിക്കുന്നു തത്വയാ പരാംഗത്തി ഈ മൂന്ന് ശത്രുക്കളും അമർന്നു കഴിഞ്ഞാൽ പരമഗതി മോക്ഷം പൂർണ്ണസുഖം ജീവൻ മുക്തി യാതൊരു സംശയവുമില്ല ശ്രമിച്ചു നോക്കുക ഇവിടെ രാമനോദ തന്നെ പറയുന്നു തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു അറുകനി മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ അത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമരുകനി ഇവിടെ മുതൽ നമുക്കിനി വായിച്ചു പോകാം ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് ഏത് പത്രം എടുത്ത് നോക്കിയാലും രാമൻ പറയുന്ന ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള എക്സ്പെരിമെൻസ് കാണാൻ കഴിയും മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമൊരുക്കുന്നേ മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധമൂലം ക്രോധം നിമിത്തം ഹനിക്കും നിതുവുമാൻ കൊല്ലുന്നു അവിടെ പിന്നെ ദേഷ്യം വന്നാൽ അമ്മയെന്നോ അച്ഛനെന്നോ സഹോദരനെന്നോ ഭാര്യ എന്നോ ഒരു വ്യത്യാസവും ഇല്ല ക്രോധമല്ലോ നില ധർമ്മക്ഷയകരം ഇതൊരു ഒറ്റ വികാരത്ത് നമുക്ക് ജയിക്കാൻ പറ്റുമോ കുറേശയെങ്കിലും പറ്റും ഒരുപാട് പേരെന്നോട് ഒന്ന് പറയാറുണ്ട് സാറ് ഒക്കെ ഈ പറഞ്ഞത് സത്യമാണെന്ന് തോന്നിയതുകൊണ്ട് ക്രോധത്തെ ജയിക്കാൻ ശ്രമിച്ചു ചുറ്റുപാട് എന്തായാലും ഇപ്പോൾ വലിയ വ്യത്യാസം സാർ മനസ്സിന് നല്ല സുഖം വീട്ടിൽ തന്നെ ഒരു ശാന്തി ശാന്തി കളിയാടുന്നു അല്ലെങ്കിൽ വീട്ടിൽ സർവത്ര അസ്വസ്ഥതയായിരുന്നു ക്രോധമല്ലോ ഇരധർമ്മക്ഷയകരം ക്രോധം പരിചരിക്കണം ബുധജനം നമ്മളിന്നും ഇവർക്ക് വായിക്കും ലക്ഷ്മണോപദേശം പോരാ രാമൻ ആവർത്തിച്ചാവർത്തിച്ചു പറയുക ഇവിടെ തന്നെ നോക്കുക ലക്ഷ്മണന്റെ ക്രോധത്തിന് രാമൻ വഴങ്ങിക്കൊടുത്തു എന്ന് വെക്കുക രാമന് ക്രോധമില്ല ലക്ഷണന്റെ ക്രോധത്തിന് വഴങ്ങിക്കൊടുത്തു എന്ന് വെക്കുക തീർന്നു സൂര്യവംശം തീർന്നു വാൽമീകി രാമായണത്തിൽ ഈ ലക്ഷണോപദേശം വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു പക്ഷെ അവിടെ ഈ തത്വൻ്റെ പ്രധാനമായും ഒരു വാതഗതി രാമനും ലക്ഷണനും ആയിട്ടുള്ള തർക്കമാണ് പൗരുഷമാണോ വലുത് ദൈവമാണോ വലുത്ത് രാമൻ പറയുന്നു ദൈവമാണ് ലക്ഷണ വലുത്ത് ദൈവേച്ച ഞാനിപ്പോൾ കാട്ടിൽ പോകണമെന്നാണ് ലക്ഷ്മണൻ പറയുന്നു അങ്ങയുള്ള ഈ ദൈവം ദുർബലൻ്റെ ഒരു പരിഹാരമാണ് ദൈവം പൗരുഷമാണ് വലുത് തെളിവെന്താ ഞാനിപ്പോൾ തെളിയിച്ചേരാം ആ അങ്ങയുടെ അഭിഷേകം ഞാനിപ്പോൾ നടത്തിച്ചേരാം എൻ്റെ പൗരുഷം കൊണ്ട് ദൈവം അച്ഛനെയും ഒക്കെ പിടിച്ച് ജയിലിലടച്ചു ആരൊക്കെയാണോ നേരത്തെ പറയുന്നുണ്ടല്ലോ ഭ്രാന്തത്തഞ്ചിടം വൃത്തം വധൂചിതം ശാന്തേതരന്ത്രപാഹയിനഞ്ചിടപ്രിയം ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൻ അഭിഷേകം ഒരന്തരം കൂടാത്ത ഞാൻ നടത്തിച്ചേരാം അപ്പോൾ പൗരുഷമാണ് വലുതെന്ന് തെളിയുമല്ലോ അതാണ് ലക്ഷ്മണൻ്റെ വാദഗതി ഏതാണ്ട് രണ്ടധ്യായം വരെ വാൽമീകിരാമായണത്തിൽ ഈ സന്ദർഭത്തിൽ ദൈവമാണോ വലുത് പൗരുഷമാണോ വലുത് എന്ന കാര്യത്തെക്കുറിച്ച് രാമനും ലക്ഷ്മണനുമായിട്ടുള്ള സംവാദമാണ് പക്ഷേ എന്ത് ചെയ്തിട്ടും ആർഗ്യുമെൻ്റൽ വാദത്തിൽ ലക്ഷ്മണൻ വഴങ്ങുന്നില്ല ഞാനിപ്പോൾ തെളിയിച്ചു തരാം പിന്നെന്താ വേണം അങ്ങേയും ദൈവമാണ് കങ്കൊക്കെ പറയുന്നു പക്ഷെ ഞാനിപ്പോൾ വ്യക്തമായിട്ടും തെളിയിച്ചു തരാൻ ദൈവമല്ല പൗരുഷമാണ് അപ്പോൾ രാമൻ വിചാരിച്ചു ഏട്ടാ ഇവൻ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ ഒടുവിൽ കരയുകയാണ് ലക്ഷ്മണൻ ഇങ്ങനെ കറിയുന്നു കണ്ണുനീർ വാർക്കുന്നു ജ്യേഷ്ഠനോടുള്ള സ്നേഹം ഒരിടത്ത് അതിരട്ട സംഘമാണത് വാസ്തവത്തിൽ സ്നേഹവുമല്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഒരു തരം സംഘമാണ് സ്നേഹമല്ല ശ്രീരാമൻ എന്തു ചെയ്തു ഒടുവിൽ ലക്ഷ്മണനെ ഇങ്ങനെ കൈക്കുപിടി പഠിപ്പിച്ചു ഇങ്ങോട്ട് അടുപ്പിച്ചു പ്രമൃദ്ധ്യ ബാഷ്പം അവിടെ അവസാനം ഒരു ശ്ലോകമുണ്ട് ബാഷ്പം പ്രമൃജ കണ്ണുനീർ തുടച്ചു ലക്ഷണമല്ല കണ്ണുനീർ തുടച്ചിട്ട് വെച്ചാൽ വാദമൊക്കെ മതിയാക്കി അദ്ദേഹം ജവൻ്റെ ഇവിടെ ഇനിയും ഇപ്പോൾ വാദിച്ചിട്ടൊരു വിശേഷവുമില്ല പ്രമൃ ബാഷ്പം പലിസാന്ന് ചോദിച്ചാസകർ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു അനിയ ദേഷ്യം മതിയാക്കുക ഇവിടെ ഇപ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കുന്നതാണ് നമുക്ക് നല്ലത് ദൈവമോ പൗരുഷമോ അതൊക്കെ ഇരിക്കട്ടെ എവിടെ തൽക്കാലം നീ ദേഷ്യം മതിയാൾക്ക് പരിസന്ധുചാസകംസലക്ഷണം രാഘവവംശവർദ്ധന രാഘവവംശത്ത് അങ്ങേറ്റം ഐശ്വര്യസമൃദ്ധമാക്കാൻ തീരുമാനിച്ച രാമൻ നേരെ മറിച്ച് രാമൻ ലക്ഷ്മണൻ വഴങ്ങിയിരുന്നെങ്കിൽ സൂര്യവംശം തീർന്നും എല്ലാം തീർന്നു അതാണ് പ്രമൃദ്ഷ്പം പരിസന്ധ്യചാസകൃ ലക്ഷണം രാഘവ വംശവർദ്ധന ഉവാച എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ദേഷ്യത്തിലൊന്നുമല്ല വളരെ ശാന്തനായി പറഞ്ഞു എന്തു പറഞ്ഞു പിത്രോർവചനേ വ്യവസ്ഥിത്തം നിബോധമാം അവിടെയാണ് പൗരുഷം അവിടെയാണ് പൗരുഷം ക്ഷ്മുണ അച്ഛനമ്മമാരുടെ വാക്കനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഇനിയിപ്പം നീയല്ല ആര് വിചാരിച്ചാലും ആ തീരുമാനത്തിൽ നിന്നും എന്നെ മാറ്റാൻ സാധ്യമല്ല അപ്പോൾ എന്താ നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ആയിക്കോ നമുക്ക് രണ്ടു തമ്മിലാവാം അല്ലാതെ എന്തിനും അച്ഛനോടും ഭരതനോടുമൊക്കെ യുദ്ധം ആദ്യം നമ്മളിതിനുള്ളിൽ തന്നെ ആവട്ടെ യുദ്ധം എന്ന ധ്വനി പിത്രോർവചനേ വ്യവസ്ഥിതം നിബോധം മാം അച്ഛനമ്മമാരുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് നീ കരുതിക്കോ എന്താ കാര്യം ഏഷി സൗമ്യ സത്പഥ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് സൗമ്യ എന്നാണ് ഈ വറച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞയെ സൗമ്യാന്ന് കുഞ്ഞേ ഇതാണ് നമുക്ക് നല്ലത് ഏഷി സൗമ്യ സത്വ അത്രയുമായപ്പോൾ പിന്നെ ലക്ഷ്മണന് ഒരഭ്യർത്ഥനയേ ഉള്ളൂ ചേട്ടാ എന്നെക്കുള്ള കൊണ്ടു ഗുണം കാട്ടുകാര തീർന്നു എല്ലാ പൗരുഷവും അവസാനിച്ചു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താ മാതാപിതൃഭാതൃ മിത്ര സഖികൾ ക്രോധം നിമിത്തം ഹനിക്കും നിതുഭുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം അതൊക്കെ നമുക്കിനി വായിച്ചു പോകാം ക്രോധമല്ലോ നിജധർമ്മക്ഷേഖരം ക്രോധം പരിധിരിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായുതുവർണ്ണയം ലക്ഷ്മണ ഇവിടെ കാലൻ അങ്ങനെയൊന്നുമില്ല ഈ കോപമാണ് കാലെന്ന് അല്ലാതെ എന്ത് കാലൻ വൈദരണ്യാഖ്യയാകുന്നത് തൃഷ്ണയിൽ വൈദ്യരണ്യം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദുഃഖമുണ്ടാക്കുന്ന നരകം ആ നരകം പോരാ പോരാ എന്ത് കിട്ടിയിട്ടും പോരാ സന്തോഷമാകുന്നത് മന്ദനം വനം ലക്ഷ്മണ സന്തോഷമാണ് ഉദ്യാനം സന്തതം ശാന്തിയേ കാമുരഭികേ സ്വർഗത്തിലെ കാമധേനു ശാന്തിയാണ് എല്ലാം അവിടുണ്ട് എല്ലാം ചിന്തിച്ചു ശാന്തിയെ തന്നെ അതുകൊണ്ട് ആലോചിച്ച് നീ ശാന്തനാവൂ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ഒരു തരത്തിലും ദുഃഖം വരില്ല ശാന്തിയെ അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് വ്യക്തമായും ജീവൻ ജഡമല്ല ദേഹേന്ദ്രിയപ്രാണബുദ്ധിയാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പത് ആത്മാവുകൾ അതാണ് ജീവൻ ജീവൻ ദേഹമാണോ അല്ല ജീവൻ ഇന്ദ്രിയങ്ങളാണോ അല്ല ഇങ്ങനെ നിഷേധിച്ചു മാറ്റി മാറ്റി വേണം ജീവന്റെ യഥാർത്ഥ രൂപം കണ്ടെത്താൻ ശരീരവുമായി ബന്ധപ്പെട്ട ജഡകങ്ങളാണ് ഈ പറയുന്നവയൊക്കെ ജീവൻ ദേഹമല്ല ഇന്ദ്രിയങ്ങളല്ല പ്രാണനല്ല നമ്മൾ ഈ പ്രാണനെയൊക്കെ പ്രാണായാമം ചെയ്തുമൊക്കെ കുറച്ച് സുഖം അനുഭവിക്കാൻ ശ്രമിക്കുന്നു ഒരു വിരോധവുമില്ല പക്ഷെ അതൊക്കെ വളരെ അല്പകാലത്തേക്ക് മാത്രം പ്രാണനാത്മാവല്ല പ്രാണൻ ജഡമാണ് ജഡം പ്രാണൻ അങ്ങനെ ജഡമാകുന്നത് അതെ ആധുനിക ശാസ്ത്രമനുസരിച്ച് എനർജി സട്ടിൽ മാറ്ററാണ് എനർജിയാണ് പിന്നെ ഈ കടുത്ത മൺകട്ടയും കല്ലുമൊക്കെയായി മാറുന്നത് എനർജിയാണ് പ്രാണൻ പ്രാണന് സൂക്ഷ്മജഡമാണ് ഉണ്ടായി മറയുന്നതൊക്കെ ജഡം ജഡമാണ് അപ്പോൾ ആ ജഡത്തെ ആശ്രയിച്ചുകൊണ്ടൊരാൾക്ക് പൂർണ്ണസുഖമൊന്നും ഒരിക്കലും കിട്ടത്തില്ല പ്രാണായാമവ എന്തു വേണോ ചെയ്തോളുക അതിനൊന്നും വേദാന്തം തടസ്സമല്ല വിചാരം ചെയ്ത് ജഗത്തിൻ്റെ പൊരുൾ സത്യം ശാസ്ത്രീയ സത്യം ഉറപ്പുവരുത്തുക അതാണ് ബ്രഹ്മസത്യം ജഗന് മിഥ്യ പ്രാണായാമം ചെയ്തുകൊണ്ടൊന്നും ഈ സത്യം ഉറപ്പ് കിട്ടില്ല ബ്രഹ്മസത്യം ജഗന് മിഥ്യ ജീവോ ബ്രഹ്മ ജീവൻ ഈ ബ്രഹ്മമാണ് ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ജീവൻ ദേഹമല്ല ദേഹേന്ദ്രിയങ്ങളല്ല പ്രാണനല്ല ബുദ്ധിയല്ല ബുദ്ധി നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആചാര്യസ്വാമികൾ ശിഷ്യനാണ് ഉപദേശിച്ചത് എന്താ നിനക്കുള്ള വെളിച്ചം വെളിച്ചം സൂര്യനും അഗ്നിയുമൊക്കെയാണ് അവയെ കാണാനുള്ള വെളിച്ചം എന്താണ് കണ്ണ് കണ്ണിനെ കാണാനുള്ള വെളിച്ചം എന്താണ് അത് ബുദ്ധി അപ്പോൾ ബുദ്ധി ഒന്നും അന്തിമമായ വെളിച്ചമല്ല ബുദ്ധിയെ കാണാനുള്ള വെളിച്ചം എന്താണ് ഞാൻ എന്നെ കാണാനുള്ള വെളിച്ചമോ ഞാൻ തന്നെ എന്നെ കാണാൻ വേറെ വെളിച്ചവും ആവശ്യമില്ല കാരണം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സ്വയം അനുഭവിക്കുന്നു അപ്പോൾ ബുദ്ധിക്കും അപ്പുറമാണ് ഞാൻ എഴുത്തച്ഛന അത് ഭംഗിയായി ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട് അർക്കാനല്ല മതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നുകണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മനം കണ്ണിന്നുകണ്ണ്ണു മനമാകുന്ന കണ്ണ് അതിനുകണ്ണായിടുന്ന പോലെ താൻ എന്നുറയ്ക്കുമുള്ളവ ആനന്ദകണ്ുഹരി നാരായണായിരുന്ന ആ മനസ്സിന് പോലും പ്രകാശം പകർന്നുകൊടുക്കുന്ന സത്യം ഞാനാണെന്ന് ഉറപ്പുവരുമ്പോൾ ഭഗവാനെ എന്തൊരു ആനന്ദമാണ് ഞാനാണ് പരമസത്യം ജ്യോതിസുകളുടെ ഒക്കെ ജ്യോതിസ് ഞാനാണ് ഈ ലളിതമായ സത്യമൊന്നു മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് വേറൊന്നും ചെയ്യണ്ട എല്ലാം ഈശ്വരമയം എന്ന ഉറപ്പിച്ച് രാഗദ്വേഷങ്ങളെ കുറച്ച് ഞാനിന് ഈ കാമക്രോധങ്ങളിൽ നിന്ന് വിമുക്തമാക്കുക ശത്രു ഈ കാമവും ക്രോധവുമാണ് ദേഹേന്ദ്രിയ പ്രാണബുദ്ധിയാദികൾക്കെല്ലാം ആഹന്ത മേലേ വസിപ്പതാത്മാവുകൾ ആത്മാവ് ശുദ്ധ ബോധം പലർക്കും ബ്രഹ്മം ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ നിശ്ചയമില്ല ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു ഉപനിഷത്ത് പറയുന്നു എന്താ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അറിവ് ബോധമാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് തത്വമസി അത് നീ തന്നെ അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവായി കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ എന്നുപനിഷത്ത് നാലു മഹാവാക്യങ്ങൾ കൊണ്ട് ആ ബ്രഹ്മത്തിന്റെ രഹസ്യം എല്ലാം വെളിപ്പെടുത്തുന്നു ശുദ്ധ സ്വയം ജ്യോതി ശുദ്ധം ഒരു സ്വയം ജ്യോതി സ്വയം നുഭവിച്ച് വിളങ്ങുന്ന പ്രകാശം അതാണ് സ്വയം ജ്യോതി അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല നേരെ കുറച്ച് ബുദ്ധിവരെ ഉള്ള ജങ്ങളെ പ്രകാശിപ്പിക്കാൻ ആത്മാവ് ബോധം ഉള്ളെങ്കിലേ പറ്റൂ സ്വയം ജ്യോതി അതിനെ ഒന്ന് രാഗദ്വേഷവിമുക്തമാക്കൂ ആനന്ദപൂർണമായി ഇതൊക്കെ നമ്മൾ വായിച്ചു പോവും പക്ഷേ ഇതിൻ്റെയൊക്കെ സൂക്ഷ്മരഹസ്യം ചിന്തിച്ചറിയാതെയില്ല രാഗദ്വേഷങ്ങൾ ഒഴിവാക്കിയാൽ ആനന്ദപൂർണമായി തത്വാർത്ഥമായി ഈ ജഗത്തിൻ്റെ മുഴുവൻ സത്യം അതാണ് തത്വാർത്ഥം എന്തിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തു അതില്ലയോ ഒന്നുമില്ല പിന്നെ ആത്മാവില്ലെങ്കിൽ ബോധമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല തത്വാർത്ഥമായി നിരാഹകാരമായി അതിന് പ്രത്യേക രൂപമൊന്നുമില്ല ഉള്ളോ ബോധത്തിന് ആണ് ചിലരോ കാണാനില്ലല്ലോ അത് കാണാനില്ലെങ്കിലും ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നില്ലേ ഞാനുണ്ടെന്നനുഭവിക്കുന്ന അനുഭവത്തിന് രൂപമുള്ളോ ആ അതില്ല നിരാഹകാരമായി നിത്യമായി അതൊരിക്കലുമില്ലാതാവുന്നില്ല നമ്മിൽ തന്നെ ജനിച്ച നിമിഷം മുതൽ ഞാൻ മരിക്കുന്ന നിമിഷത്തിലും ഞാൻ ആ പഴയ ഞാൻ തന്നെ ചെല്ലു ചോദിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലോ സാറേ ജനിക്കുന്നത് മുതൽ ജനിക്കണമെങ്കിൽ അതിനു മുമ്പ് ഞാനുണ്ടായിരുന്നെങ്കിൽ അല്ലേ ജനിക്കാൻ പറ്റൂ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു വസ്തുവിന് പിന്നെ മാറ്റം വരുമോ അതുപോലും ചിന്തിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് മരണം കൊണ്ടൊന്നും ഞാനിൻ്റെ ബോധത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ ആത്മാവെന്താണെന്നുള്ളതിന് ഈ രണ്ടുവരി ഓർമ്മിച്ച് വയ്ക്കുക ശുദ്ധസ്വയം ജ്യോതി ആനന്ദപൂർണ്ണമായി തത്വാർത്ഥമായി ഇവിടെ കാണുന്നതെല്ലാം അതുതന്നെ എന്തുകൊണ്ട് ബോധമില്ലെങ്കിൽ അതൊന്നുമില്ല ആഭരണങ്ങളിലൊക്കെ കാണുന്ന തത്വമെന്താ സ്വർണം അതുപോലെ സ്വന്തം കൊണ്ട് സ്വർണ്ണമില്ലെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ല തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി ഒരിക്കലും നാശമില്ലാത്തതായി നിർവികല്പം അവിടെ ഒരു സങ്കല്പവുമില്ല സങ്കല്പമൊക്കെ അതിൽ മായ കൊണ്ടുണ്ടെന്ന് തോന്നുന്ന കൃത്രിമരൂപങ്ങൾ നിർവികൽപ്പം പരം ഈ ജഗത്തിൻ്റെ പരമ കാരണം അതിനപ്പുറത്ത് ഒരു കാരണമില്ല പരം എന്നുള്ള വസ്തുവിനർത്ഥം പരമകാരണം നിർവികാരം ഖനം അപ്പം ഈ ബോധമെന്ന് പറയുന്നത് ഒരുമാതിരി ഒരു പുക പോലെയാണ് അനുഭവിച്ചു നോക്കണം ഖനം ചിത് ഖനം ബോധം അങ്ങനെ ഖനീഭവിച്ച് വെള്ളം മഞ്ഞുകട്ടയായി നിൽക്കുന്നില്ലേ അതുപോലെ ഖനീഭവിച്ചു നിൽക്കുന്ന അനുഭവം നിർവികാരം ഖനം സർവൈക കാരണം പ്രപഞ്ചമായി കാണുന്ന ശക്തിസ്പന്ദനം മുതൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള സകലത്തിനും കാരണം സർവൈക കാരണം സർവജന്മയം ഈ ജഗത്തായി കാണുന്നതൊക്കെയാണ് സത്യം ഇതാണ് ജീവോ ബ്രഹ്മയുവാ ജീവൻ ബ്രഹ്മം തന്നെയാണ് സർവൈക സാക്ഷിണം എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ബോധമില്ലയോ സൂര്യനില്ല ചന്ദ്രനില്ല ജഗത്തില്ല ബോധമില്ലയോ ജഗത്തില്ല ആരും വേണോ ചിന്തിച്ചു നോക്കട്ടെ വെറുതെ കണ്ണു മടത്തൊന്നും വിശ്വസിക്കണ്ട ബോധമില്ലയോ ജഗത്തില്ല സർവൈകസാക്ഷിണം സർവജ്ഞം എല്ലാ അറിവുകൾക്കും ഉറവിടം ഈശ്വരം ലക്ഷ്മണ സർവതാ ചേതസി ഭാവിച്ചുകൊഴുക നീ എന്ന് പറഞ്ഞാൽ എവിടെയും ബ്രഹ്മം നോക്കും നടത്തൊക്കെ ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കൂ ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല മറ്റൊന്നും കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഈ ബ്രഹ്മം ജീവരൂപത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ടത്തി ഭ്രാമയന് സർവഭൂതാന് യന്ത്രാരൂപാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേനാം അത് പലരും ഓർമ്മിക്കില്ല സർവഭാവത്തിൽ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞാലോ ഉള്ളിലിരിക്കുന്ന ബോധരൂപനായ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അമീല മുതൽ സൂര്യചന്ദ്രന്മാർ വരെ സക്കലെത്തും അവയെ ഒക്കെ കാണുമ്പോൾ ബ്രഹ്മം സർവം ബ്രഹ്മമയം ഉള്ളിൽ മറക്കാതെ ഓർമ്മിക്കുക അടുക്കളയിലായാലും കൃഷി സ്ഥലത്തായാലും യുദ്ധക്കളത്തിലായാലും സർവേഷു കാലേഷുമാ അനുസ്മര യേച്ച എപ്പോഴും ഇതിനെന്താ പ്രയാസം നാല് കാശ് ചിലവില്ല ഇന്നവർക്കെ പാടുള്ളൂ എന്നില്ല ഇന്ന സമയത്തെ പാടുള്ളൂ എന്നില്ല ഇന്ന രീതിയിലേ പാടുള്ളൂ എന്നില്ല കാണുന്നതൊക്കെ സർവം ബ്രഹ്മമയം എന്താ കൃഷ്ണനൊക്കെ എത്ര ഭംഗിയായിട്ട് പറഞ്ഞുവച്ചിരിക്കുന്നു തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത് സർവഭാവത്തിലും ആ സത്യത്തെ ശരണം പ്രാപിക്കൂ നിർവികൽപ്പം വരം നിർവികാരംഘനം സർവൈകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞനീശ്വരം ജീവോ ബ്രഹ്മവ അതങ്ങോട്ട് വ്യക്തമായിട്ട് വിവരിച്ച് പറയുക ബ്രഹ്മസത്യം ജഗന്നിഥ്യ ജീവോ ബ്രഹ്മോ ആ ബ്രഹ്മസത്യം എന്നുള്ളതാണ് ഇവിടെ ജീവൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നതോടൊപ്പം ബ്രഹ്മസത്യം എന്നീ അംശത്തെക്കൂടി ഈ ഭാഗത്ത് വളരെ ദൃഢമായി രാമൻ പ്രഖ്യാപിക്കുകയാണ് സർവൈകസാക്ഷിണം സർവജ്ഞരം സർവ ചേതസി ഭാവിച്ചുകൊള്ളുകീ സർവദ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണ ആരാ അച്ഛൻ സി ബ്രഹ്മസത്യം അച്ഛൻ അഭിഷേകം ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ ഒന്നും സാരമില്ലട അഭിഷേകം ചെയ്യില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ബ്രഹ്മം തന്നെയാണോ സർവത കൈകേയമ്മയോ തീർച്ചയായിട്ടും ബ്രഹ്മം പിന്നെ എന്താ ഇങ്ങനെ നമ്മുടെ അഭിഷേകം മുടക്കിയത് അത് നീ ഇതൊക്കെ ബ്രഹ്മമാണെന്ന് അനുഭവിച്ചറിയൂ അപ്പം ബോധ്യപ്പെടും ഇവിടെ ആരും അഭിഷേകവും മുടക്കിയിട്ടില്ല ഒരു കൈകേരി അമ്മയും പ്രത്യേകം ഇല്ല ഒരച്ഛനുമില്ല ഒക്കെ ബ്രഹ്മമായ സർവത്ര സദാ സദാശിവ ബ്രഹ്മേന്ദ്ര പറഞ്ഞ ആ കാര്യം തന്നെയാണ് രാമനും പറയുന്നത് സർവത്ര സദാ ഹംസധ്യാനം കർത്തവ്യംഭോ മുക്തിനിദാനം എവിടെയും എപ്പോഴും ആ ബ്രഹ്മത്തെക്കൂടി ഓർമ്മിച്ചോളൂ മനസ്സിൽ ആരോടും പറയാൻ പോണ്ട കണ്ടാലും നിമേഷാർത്ഥം അതിഷ്ഠന്തി വൃത്തിയും ബ്രഹ്മമയും വിന ഏതാ അതിഷ്ടന്തി സനകാദ്യ സുഖാദയഹ അരനിമിഷം പോലും ബ്രഹ്മഭാവം വിട്ടു നിൽക്കുന്നില്ല സനകാദി മഹർഷിമാരും ബ്രഹ്മാവ് തുടങ്ങിയ ത്രിമൂർത്തികളും അതാണ് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയം നിർവികൽപ്പം പരം നിർവികാരംഘനം നമ്മൾ എഴുത്തച്ഛനത്തിന് നോക്കുക രാമപദം ഞാൻ പണ്ടേ ശുദ്ധത്തിലുണ്ട് രാമപദം എവിടെ ഉച്ചരിക്കാനിട വരുന്നു അദ്ദേഹം തുടങ്ങും എന്തോന്ന് തുടങ്ങും നിർവികൽപ്പം വരം നിർവികാരംഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം എന്നിങ്ങനെ ബ്രഹ്മവിശേഷണങ്ങൾ രാമപദം എവിടെ ഉച്ചരിക്കാൻ അവസരം കിട്ടിയാലും തുടങ്ങും അതാണ് എഴുത്തച്ഛൻ്റെ ബ്രഹ്മഭാവന യാതൊന്നു കണ്ടതും നാരായണ പ്രതിമ യാതൊന്നും കേട്ടതത്തു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്യത്തത്വം നാരായണ അർച്ചനകളും യാതൊന്നും അതൊക്കെ ഹരിനാരായണ എന്ന മഹരിനാമകീർത്തനത്തിൽ ഈ ഒരു ശ്ലോകം മറക്കാതെ പോർ മിക്ക അടുക്കളയിലായാലും റോഡിലായാലും എന്താ മിക്കവാറും ആളുകൾക്ക് കാണാതെ അറിയാവുന്ന ശ്ലോകമാണല്ലോ വെറുതെ കാണാതെ അറിഞ്ഞാൽ പോരാ യാതൊന്നു കണ്ടതും നാരായണപ്രതി എന്തുമാവട്ടെ സാറിംഗിലും വളരെ മോശപ്പെട്ട കാഴ്ചകളൊക്കെ നാരായണനാണ് കാഴ്ച അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങൾ നാരായണനാണെന്ന് തീരുമാനിക്കൂ നിങ്ങൾക്കെന്താ ഗുണം അനന്തമായ ആനന്ദം അതുപോലെ മറ്റേത് നമ്മൾ ചിന്തിക്കാൻ പോകട്ട നിങ്ങൾക്കതിൽ കഴിയുമെങ്കിൽ അനന്തമായ ആനന്ദം മാത്രം യാതൊന്നു കണ്ടതും ആരായണ പ്രതിമ യാതൊന്നു കേട്ടതും ആരായണശ്രുതികൾ ഒരാൾ ഒന്ന് അഞ്ച് ചീത്ത പറയുകയാണ് ധീരമായി വിചാരിക്കുക എന്തോ അയാൾ ഭഗവന്നാണ ഉച്ചരിക്കുന്നു ഹ എത്ര രസമായിരിക്കുന്നു അപ്പോൾ സാർ അയാൾ രണ്ട് അടി തരാൻ അതുകൊണ്ടൊന്ന് അടിച്ചാലോ അടിച്ചാൽ നാടകം പറ്റുമെങ്കിൽ ചെറുക്കൂ പറ്റൂല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക കൃഷ്ണനെപ്പോലെ കഴിവില്ലാതെ അയാളോട് എതിർക്കാൻ പോയാലോ അടി കൊണ്ട് താഴെ വീണപ്പെടയും ഓടി രക്ഷപ്പെടണം കൃഷ്ണൻ അതൊക്കെ കാണിച്ചു ആ ജരാസന്ധനോടിൻ്റെ മുമ്പിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് ആൾ ഓടി രക്ഷപ്പെട്ടത് അതുകൊണ്ട് അതൊന്നും ഇവിടെ പ്രശ്നമല്ല അതെല്ലാം നാടകം അതുകൊണ്ടിവിടെ ബ്രഹ്മത്തിനൊന്നും ഒരു കുഴപ്പം തീരെ വ്യവഹാരത്തിൽ എതിരായി പ്രവർത്തിക്കുന്നവരെ നേരിടാൻ കഴിയുമെങ്കിൽ നേരിടൂ അർജുനനെപ്പോലെ കഴിവില്ലെങ്കിൽ നാരായണ നാരായണ എന്ന് വിളിച്ചോണ്ടോടി രക്ഷപ്പെടൂ അല്ലാതെ വേറെ എവിടെ എന്തു ചെയ്യാൻ അഭിമാനം ഒന്നും ഇടയ്ക്ക് നിൽക്കണ്ട ചിലർ അഭിമാനം അഭിമാനം കൊണ്ടാണ് എതിർക്കാൻ പോകുന്നത് സ്വല്പം കഴിയുമ്പോൾ ആളും കാണില്ല അഭിമാനവും കാണില്ല നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈക സഖിടം സർവജ്ഞ ഈശ്വരൻ സർവദാചേത ഭാവിച്ചുകൊള്ളുക നീ ലക്ഷ്മണ എപ്പോഴും ഒരു നിമിഷം പോലും മറക്കരുത് രാമനത് മറന്നില്ല അതാണിവിടെ ഇത്രയും പറയാൻ ഇടയാകുന്നത് സാരജ്ഞനായ നീകയിൽ സുഖദുഃഖകം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠ അങ്ങെന്തിനാണ് ഈ രാജ്യം ഉപേക്ഷിച്ച് ഇപ്പോൾ കാട്ടിൽ പോകാനൊക്കെ വരുമ്പുന്നത് അതിൻ്റെ വല്ല കാര്യമുണ്ടോ അങ്ങേക്ക് കാട്ടിൽ പോകാനൊക്കെ കഴിഞ്ഞുകൂടെ അത് ഈ വ്യാ വ്യാവഹാരിക തലത്തിൽ ചിലതൊക്കെ ചെയ്യാൻ നേരത്തെ സങ്കല്പമുണ്ടായിരുന്നതുകൊണ്ടാണ് വന്ന് ജനിക്കുന്നത് തന്നെ ഇല്ലെങ്കിൽ ജനിക്കില്ല മരണവേളയിൽ ഒട്ടേറെ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു മരണജനനമൊക്കെ സങ്കല്പഭ്രമമാണ് പക്ഷേ മരണമെന്ന ഭ്രമം അനുഭവിക്കുമ്പോൾ സങ്കല്പം തീർന്നിട്ടില്ലെങ്കിലോ ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും ജനനഭ്രമം ഇതാണ് നിയമം ഇപ്പോഴേ ആലോചിച്ച് നോക്കുക മരിക്കാന സമയത്ത് വല്ല സങ്കല്പമുണ്ടോ സങ്കല്പമുണ്ടെങ്കിൽ ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും ജനനഭ്രമം പ്രാരബ്ധം നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് ഇവിടെ അങ്ങനെയല്ലേ ഇവിടെയും എന്താ വിഷ്ണു ഭൂമിയും ദേവന്മാരും ഒക്കെ കൂടെ അവിടെ ചെന്ന് പറഞ്ഞു ആഹാ നിങ്ങൾക്ക് ആ പ്രയാസമുണ്ടോ ശരി ഞാൻ ദശരഥൻ്റെ മകനായി ജനിക്കാം തീരുമാനിച്ചു പ്രാരബ്ധം എൻ്റെ മായ സീതയായി ജനിക്കും അതാണ് ഈ എന്ന് പറയുന്നത് ഇന്ന് ഒഴിഞ്ഞു പറ്റില്ല നേരത്തെ അദ്ദേഹം തന്നെ തീരുമാനിച്ചല്ല ഇവിടെ വേറെ ആരും തീരുമാനിച്ചല്ല മായ സീതയായി ജനിക്കും എന്നെ സഹായിക്കാൻ ദേവന്മാരൊക്കെ വാനരന്മാരായി ജനിക്കണം എൻ്റെ കിടക്കയായിട്ടുള്ള അനന്തൻ ലക്ഷ്മണനായി ജനിക്കും ശംഖചക്രങ്ങൾ ഭരതകുമാരനും ഒക്കെയായി ശരി അങ്ങനെ എല്ലാവരും ഏതാണ്ട് തീരുമാനിച്ചു വന്നവരാണേ അപ്പോൾ ഇനി അത് വേണ്ടെന്ന് വെക്കാൻ കാട്ടിൽ പോയാലേ രാവണനെ കൊല്ലാൻ പറ്റൂ സീതയെക്കൂടെ കൊണ്ടുപോയാലേ രാവണനെ കൊല്ലാൻ പറ്റൂ ലക്ഷണം കൂടെ കൂടിയേ തീരൂ എപ്പോഴും തൻ്റെ വിശേഷനാണ് ലക്ഷണം സർവൈ സാരജ്ഞനായ നീ ലക്ഷണം നിനക്ക് കുറച്ച് കാര്യമൊക്കെ അറിയാവുന്നവനല്ലേ മനസ്സിലാക്കുക സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ച് ഇടണം നമ്മൾ തീരുമാനിച്ചു വച്ച കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അവരാണെനിക്ക് കാരണം ഇതാ ഈ ലക്ഷ്മണൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിയ തത്വജ്ഞാനിയെപ്പോലെ ഗുഹനെ ഗുഹനെ ഉപദേശിക്കുന്നുണ്ട് അല്ലയോ ഗുഹ ഇവിടെ കസ്യ ഗോഹയെ തുജകത്രയെ കസ്യസുഖസ്യ വോപിഹേ ദുസ്സഹേ ആരുടെയും സുഖത്തിനോ ദുഃഖത്തിനോ മറ്റാരും കാരണക്കാരല്ല അവരവർ ചെയ്തത് അവരവർ സങ്കല്പിച്ചത് അവരവരനുഭവിക്കുന്നു ഒരു പക്ഷേ കഴിഞ്ഞ സങ്കല്പത്തെക്കുറിച്ച് നമുക്കിപ്പോൾ വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കാം അത് വേണമെന്നില്ല പക്ഷെ അനുഭവിക്കുന്നതൊക്കെ ആ നേരത്തെ തീരുമാനിച്ച് അവനവൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ദേഷ്യപ്പെടുത്തിയിട്ടോ കാര്യമില്ല ലക്ഷ്മണനീയൊക്കെ പെട്ടെന്ന് പിടികിട്ടി അതുകൊണ്ടാണല്ലോ ഗുഹനെ പിന്നീട് ഉപദേശിക്കാൻ തീരുമാനിച്ചത് സാരജ്ഞനായ നീൽ സുഖദുഃഖകം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം നമ്മുടെ ഒക്കെ സ്ഥിതിയാണേ വയസ്സുകാലത്ത് എന്നാൽ ഇപ്പോഴെങ്കിലും ഈ സങ്കല്പങ്ങളെയൊക്കെ ഒന്ന് കുറച്ച് സ്വർവൃണമയം എന്ന അനുഭവത്തിൽ എത്താൻ ശ്രമമുണ്ടോ അതുമില്ല കിടപ്പിലായി പ്രാരബ്ധമാണനുഭവിക്കുന്നത് മറ്റുള്ളവരോടൊക്കെ ദേഷ്യം അടുത്ത് ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവരോട് പോലും കടുത്ത ദേഷ്യം എന്നോട് പലരും വന്ന് പറയുന്നുണ്ട് പൂർണ്ണമായ അർപ്പണ ബുദ്ധിയോടുകൂടി ശുശ്രൂഷിക്കുകയാണ് പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരോട് ദേഷ്യം എന്താ ഈ പ്രാരബ്ധവുമായിട്ട് വന്നിരിക്കുകയാണ് അതിനെ കുറയ്ക്കാൻ ഇപ്പം പോലും ശ്രമം നടന്നില്ല ആ പ്രാരബ്ധമൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് കൂടുതൽ വാസന സഞ്ചരിച്ചിരിക്കുകയാണ് അപ്പോൾ അവസാനമായ ഇപ്പോൾ വാഹനിരാശ എല്ലാവരോടും ദേഷ്യം തന്നോടുപോലും ദേഷ്യം ആണ് ക്രോധം തന്നോടു പോലും ദേഷ്യം കഷ്ടം ഇത് കണ്ടാൽ പോലും മനുഷ്യന് മനസ്സിലാവുന്നില്ലല്ലോ അല്ല സാർ അത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ എന്ത് വേണമെന്നാണ് സാറ് പറയുന്നത് ഈ ആത്മതത്വം ഈ ജഗത്തിൻ്റെ മിഥ്യത്വം നല്ല കാലത്ത് നല്ല കാലത്ത് ചിന്തിച്ചുറപ്പിക്കൂ ഞാൻ അങ്ങനെ ദുഃഖാർത്ഥനാവുകയില്ല എന്ത് സംഭവിച്ചാലും ശരീരത്തിനൊക്കെ പലതും സംഭവിക്കാം സംഭവിക്കട്ടെ അതിപ്പോഴേ നല്ല കാലത്ത് തന്നെ അതൊക്കെ ഒന്ന് സാരജ്ഞനായ നീരോത്സുഖ ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം ദക്ഷുണ അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ എനിക്ക് തന്നെ വന്നു ചേരുന്ന ഒരു പ്രാരബ്ധമാണ് ഞാനത് കാട്ടിൽ പോകാൻ തീരുമാനിച്ചു കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമ്മായും ആചരിച്ചിടുന്നവരൂ പ്രാരബ്ധതി അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണോ ചെയ്തേ പറ്റൂ എന്തെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണോ അനുഭവിച്ചേ പറ്റൂ ശരീരങ്ങൾക്ക് ആരായാലും ഏത് ജീവൻ എന്താ മഹാജ്ഞാനികൾ അവർ പോലും കഠിനമായൊരു രോഗവും മറ്റും പലപ്പോഴും ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നത് അവർക്കത് എന്ത് പ്രാരബ്ധമാസാർ അതൊന്നും ഇപ്പം നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല പ്രാരബ്ധമാണ് അതവരനുഭവിച്ചേക്കറ്റൂ പക്ഷേ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ജീവിതത്തിലെങ്കിലും കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കംക്ഷയും കൂടാതെ ഇതാണ് കൃഷ്ണൻ തൻ്റെ ഗീതയിൽ ആരാദ്യവസാനം പറഞ്ഞു കർമ്മം ചെയ്തു ചെയ്യേ ചെയ്തേ പറ്റൂ ഈ ജന്മത്തിലെങ്കിലും പ്രാരബ്ധം ഒഴിവാക്കാൻ ഞാൻ എൻ്റേത് ഞാൻ ചെയ്യുന്നു എൻ്റെ പണം എൻ്റെ വീട് എൻ്റെ ബന്ധുക്കൾ ഇതൊക്കെ അങ്ങ് കളയൂ അതൊക്കെ എങ്ങനെ കളയാൻ പറ്റും സർവം ഈശ്വരമയം അതാണ് കർമ്മമെല്ലാം ഈശ്വര പൂജ കാണുന്നതൊക്കെ ഈശ്വരമയം അങ്ങനെ വരുമ്പോൾ ഈ ഞാൻ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ എഴുത്തച്ഛൻ എന്താ ഹരിതാമകീർത്തനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന എന്താ ഭഗവാനേ എനിക്ക് ഞാൻ കയറി കടുക്കരുതേ ഞാൻ എന്തു വേണോ ചെയ്യാം ആനന്ദജിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണായിഹ തോന്നുന്നതാഖിൽ അഖിലം ഞാനിതുന്ന വഴി തന്നെ നോക്കുക എഴുത്തച്ഛൻ്റെ സർവം ബ്രഹ്മമയം എന്ന ഉറപ്പ് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ ഭരത നാരായണമായി നമ്മ ഈ അഹം പോണം ഈ തൊരു വേഷം നാടകം ഞാനില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് ഫലമൊന്നും ആവശ്യവുമില്ല പിന്നെ ഞാനെന്താ ഞാൻ ഞാനുൾപ്പെടെയെല്ലാം ജഗതീശ്വരൻ എന്തൊക്കെയോ ചില മായ പ്രകടനങ്ങൾ നടക്കുന്നു എനിക്കൊന്നും ആവശ്യവുമില്ല ഒന്നിലും എൻ്റെ മനസ്സ് സംഘബദ്ധമല്ല കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ ഗീത ആവർത്തിച്ചവർ തസ്മാ അസംഗസതത്വം കാര്യം കർമ്മസമാചര അർജുന യാതൊരു സംഘവും കൂടാതെ നിന്റെ യുദ്ധം ചെയ് അസംഗ സതത്വം കാര്യം കർമ്മസമാചര അസംഗോഹ്യാചരം കർമ്മ പരമാപിനോതി പുരുഷം ഈ ഫലസംഘം കൂടാതെ കർമ്മം ചെയ്യണം ചെയ്യണം എന്ന് കൃഷ്ണൻ എന്തിനു പറയുന്നു ഫലസംഘം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഭൗതികഫലമൊക്കെ അനുഭവിക്കാം ഒരു കുഴപ്പമില്ല അപ്പോഴും സംഘമില്ല പക്ഷേ മോക്ഷം പരമമായ ദുഃഖമോചനം ആപ്നോതി പരം പരമപുരുഷനെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ നിശ്ചയമായും സാധിക്കും അസംഗോഹ്യാചരൻ കർമ്മ പരം ആത്നോത്തി പുരുഷം അസംഗനായ കർമ്മം ഇപ്പോഴേ ശ്രമിച്ചു നോക്കുക മനസ്സിനെ സംഘബദ്ധമാക്കാതെ സംഗമം വരുമ്പോഴൊക്കെ സാറേ എങ്ങനെയാണ് ഇത് സംഘബദ്ധമാ സംഗമം വരുമ്പോഴൊക്കെ ഭഗവാൻ നാരായണൻ യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ യാതൊന്നും കേട്ടതത്തോ നാരായണശ്രുതികൾ അങ്ങനെ കർമ്മഫലങ്ങളിൽ കംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവെണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം അതായത് നമ്മളിന്നും പറയാറില്ലേ ഗായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതരൂപം കരോമി അദ്യം സകലം പരസ്മൈ നാരായണ അതാണ് പരമാത്മാവ് പരസ്മൈ നാരായണ എഴുത്തി സമർപ്പയാമേ എന്നും നമ്മൾ പ്രാർത്ഥനയുടെ ഉള്ളിൽ ഇത് ചൊല്ലും പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമർപ്പണമൊക്കെ അപ്പോൾ അതാ ബുദ്ധിമുട്ടും നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങൾ ഒന്നുമേ പറ്റുകയില്ല കേൾ ലക്ഷണ ആത്മാവിനോട് ഒരു കർമ്മവും പറ്റില്ല ആത്മാവ് നിത്യമുക്തം അതാണ് ഈ പ്രപഞ്ചരൂപത്തിൽ കാണുന്ന കർമ്മമൊന്നും അവിടെ ഇല്ലേയില്ല പിന്നെ മരുഭൂമിയിലെ വെള്ളം മരുഭൂമിയിൽ കാണുന്ന വെള്ളം ഒരു മണൽത്തരിയെ പോലും നനയ്ക്കുന്നില്ല മരുഭൂമിയിൽ കർമ്മവും ബ്രഹ്മവും കർമ്മം ജഡം ബ്രഹ്മം ബോധം പരസ്പരവിരുദ്ധം കർമ്മം ഒരു തര ഒത്തിരി ബ്രഹ്മത്തെ സ്പർശിക്കുന്നില്ല അത് ആ ആനന്ദം നമ്മൾ ശുദ്ധമായ ആനന്ദം അനുഭവിച്ച് ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ കർമ്മം വല്ലതും സ്പർശിക്കുന്നുണ്ടോ എന്തിനാ നല്ലൊരു പാട്ട് കേട്ട് ആനന്ദത്തിൽ രമിച്ചിരിക്കുമ്പോൾ വല്ല കർമ്മവും ആ ആനന്ദാനുഭവത്തെ ബാധിക്കുന്നുണ്ടോ അത് ആ ഏകാഗ്രതയൊക്കെ പോയി വീണ്ടും മോഹബദ്ധനാവുമ്പോൾ സംഘം പാപം പുണ്യം ബുദ്ധിമുട്ട് കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം ഗീത പറയുന്ന ആ ബ്രഹ്മയജ്ഞം ബ്രഹ്മാർപ്പണം ബ്രഹ്മഖവർ അത് മാത്രം ജപിച്ച പോരാ എപ്പോഴും ജപിക്കുക ബ്രഹ്മാർപ്പണം ബ്രഹ്മം ഉള്ളിൽ ബ്രഹ്മഖവർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേനഗന്തവ്യം ർമ്മസമാധിന എന്താ വേണ്ടത് കർമ്മം ചെയ്യുമ്പോൾ ഞാൻ വെറും ബ്രഹ്മപൂജ ചെയ്യുന്നു എന്ന് ഓർമ്മിച്ചാൽ മതി ബ്രഹ്മകർമ്മസമാധി സകല കർമ്മങ്ങളും ബ്രഹ്മയജ്ഞമായി മാറും ജീവിതം തന്നെ ഒരു ബ്രഹ്മയജ്ഞം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോളൂ കർമ്മങ്ങൾ ഒന്നുമേ പറ്റുകയില്ലെന്നാൽ അതുകൊണ്ട് ലക്ഷ്മണ ഞാനിപ്പറഞ്ഞതെല്ലാമേ സരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ തിരിച്ച് ഞാനിപ്പോൾ അച്ഛനെ കുന്നുകളെയും അല്ലെങ്കിൽ ജയിലിലടയ്ക്കും ചില ഒന്നും വേണ്ട ഒന്നും വേണ്ട സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കേ മാനത്തെയൊക്കെ തിരിച്ചു നിത്യം പരമാനന്ദ കൊണ്ടു മോഹങ്ങൾ മാനസത്തിങ്കലും നാശു കളഹ നീ മാനമല്ലോ പരം ആപദാം ആസ്പദം ദുരഭിമാനം മാത്രമാണ് സഖല ആപത്തുകൾക്കും കരവും ഞാൻ കേവൻ അവൻ പറഞ്ഞത് കേൾക്കാൻ ഞാൻ ആരാണ് എൻ്റെ വാക്കനുസരിച്ചോളം അങ്ങനെയൊന്നുമില്ല വിളി അങ്ങനെയൊന്നുമില്ല സർവ ഈശ്വരമായ എന്നുറപ്പിച്ച് മനസ്സിനെ പൂർണ്ണമായും ഭഗവാൻകളർപ്പിക്കൂ ബാക്കി കാര്യങ്ങളെല്ലാം ഭഗവാൻ വ്യക്തമായി നമുക്ക് കാട്ടിത്തരും നമ്മുടെ രാമായണ പ്രവചനം ഇനി നാളെയും മറ്റന്നാളും കൂടെയുള്ളൂ എല്ലാ തരത്തിലും നമ്മെ ഈ സംസാര ഗർത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ രാമൻ പരമാവധി സഹായിക്കുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം